അള്ളാഹു സുബഹാനഹൂവത്തെ ആല ചോദിച്ചു ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ നിന്നെ പ്രണമിക്കുന്നതിൽ നിന്ന് തടഞ്ഞതെന്താണ് അവൻ പറഞ്ഞു ഞാൻ അവനേക്കാൾ ഉത്തമനാണ് എന്നെ നീ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു അവനെ നീ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു